ഓ വിശ്വാസികളെ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ പ്രതിക്രിയ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു സ്വതന്ത്രനു സ്വതന്ത്രനും അടിമയ്ക്ക് അടിമയും സ്ത്രീക്ക് സ്ത്രീയും പ്രതിക്രിയ നൽകണം എന്നാൽ തന്റെ സഹോദരനിൽ നിന്ന് ആർക്കെങ്കിലും മാപ്പ് ലഭിച്ചാൽ അത് മാന്യമായ രീതിയിൽ പിന്തുടരുകയും സൽഗുണത്തോടെ നൽകുകയും ചെയ്യുക ഇത് നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള ഒരു ലഘൂകരണവും കാരുണ്യവുമാണ് അതിനുശേഷം ആരെങ്കിലും അതിരുകടന്നാൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ട്